അധ്യായം പന്ത്രണ്ട് യൂസുഫ് മക്കയിൽ അവതരിച്ചത് ഈ അദ്ധ്യായത്തിൽ മൂന്ന് മുതൽ നൂറ്റി കൂടിയുള്ള വചനങ്ങളിൽ യൂസുഫ് നബിയുടെ ചരിത്രമാണ് വിവരിച്ചിട്ടുള്ളത് സ്പഷ്ടമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങളാകുന്നു അവർ നിങ്ങൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി അത് അറബി ഭാഷയിൽ വായിക്കപ്പെടുന്ന ഒരു പ്രമാണമായി അവതരിപ്പിച്ചിരിക്കുന്നു നിനക്ക് ഈ ഖുർആൻ ബോധനം നൽകിയതുവഴി ഏറ്റവും നല്ല ചരിത്ര വിവരണമാണ് നാം നിനക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിനു മുമ്പ് നീ അതിനെപ്പറ്റി ബോധമില്ലാത്തവനായിരുന്നു യൂസുഫ് തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം എന്റെ പിതാവെ പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു പിതാവ് പറഞ്ഞു എന്റെ കുഞ്ഞുമകനെ നിന്റെ സ്വപ്നം നീ നിന്റെ സഹോദരന്മാർക്ക് വിവരിച്ചു കൊടുക്കരുത് അവർ നിനക്കെതിരെ വല്ല തന്ത്രവും പ്രയോഗിച്ചേക്കും തീർച്ചയായും പിശാജ് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാകുന്നു അപ്രകാരം നിന്റെ രക്ഷിതാവ് നിന്നെ തെരഞ്ഞെടുക്കുകയും സ്വപ്ന വ്യാഖ്യാനത്തിൽ നിന്ന് നിനക്കവൻ പഠിപ്പിച്ചു നിൻ്റെ മേലും യാക്കൂബ് കുടുംബത്തിൻ്റെ മേലും അവൻ്റെ അനുഗ്രഹങ്ങൾ അവൻ നിറവേറ്റുകയും ചെയ്യുന്നതാണ് മുമ്പ് നിൻ്റെ രണ്ട് പിതാക്കളായ ഇബ്രാഹിമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും കാര്യത്തിൽ അതവൻ നിറവേറ്റിയതുപോലെ തന്നെ തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് സർവജ്ഞനും യുക്തിമാനുമാകുന്നു തീർച്ചയായും യൂസുഫിലും അദ്ദേഹത്തിന്റെ സഹോദരന്മാരിലും ചോദിച്ചു മനസ്സിലാക്കുന്നവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് യൂസുഫും അവൻ്റെ സഹോദരനുമാണ് നമ്മുടെ പിതാവിന് നമ്മളെക്കാൾ ഇഷ്ടപ്പെട്ടവർ നമ്മളാകട്ടെ ഒരു പ്രബലമായ സംഘമാണ് താനും തീർച്ചയായും നമ്മുടെ പിതാവ് വ്യക്തമായ വഴി തന്നെയാണ് നിങ്ങൾ യൂസുഫിനെ കൊന്നുകളയുക അല്ലെങ്കിൽ വല്ല ഭൂപ്രദേശത്തും അവനെ കൊണ്ടുപോയി ഇട്ടേക്കുക എങ്കിൽ നിങ്ങളുടെ പിതാവിൻ്റെ മുഖം നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും അതിനു നിങ്ങൾക്ക് നല്ല ആളുകളായി കഴിയുകയും ചെയ്യാം എന്ന് അവർ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമത്രുബുറിയും അവരിൽ നിന്ന് ഒരു വക്താവ് പറഞ്ഞു യൂസുഫിനെ നിങ്ങൾ കൊല്ലരുത് നിങ്ങൾക്ക് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് നിങ്ങൾ ഒരു കിണറ്റിന്റെ അടിയിലേക്ക് ഇട്ടേക്കുക ഏതെങ്കിലും യാത്രാ അവനെ കണ്ടെടുത്തുകൊള്ളൂ തുടർന്ന് പിതാവിന്റെ അടുത്തു ചെന്ന് അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവെ താങ്കൾക്കെന്തു പറ്റി യൂസുഫിന്റെ കാര്യത്തിൽ താങ്കൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ല ഞങ്ങളാകട്ടെ തീർച്ചയായും അവന്റെ ഗുണകാംക്ഷികളാണ് താനും നാളെ അവനെ ഞങ്ങളോടൊപ്പം അയച്ചു തരിക അവൻ ഉല്ലസിച്ച് നടന്നു കളിക്കട്ടെ തീർച്ചയായും ഞങ്ങൾ അവനെ കാത്തുരക്ഷിച്ചുകൊള്ളാം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അവനെ കൊണ്ടുപോകുക എന്നത് തീർച്ചയായും എനിക്ക് സങ്കടമുണ്ടാക്കുന്നതാണ് നിങ്ങൾ അവനെപ്പറ്റി അശ്രദ്ധരായിരിക്കെ അവനെ ചെന്നായ തിന്നേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അവർ പറഞ്ഞു ഞങ്ങൾ ഒരു പ്രബലമായ സംഘമുണ്ടായിട്ടും അവനെ ചെന്നായ തിന്നുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ മഹാനഷ്ടക്കാർ തന്നെയായിരിക്കും അങ്ങനെ അവർ അവനെയും കൊണ്ടുപോകുകയും അവനെ കിണറ്റിൻ്റെ അടിയിലേക്ക് ഇടുവാൻ അവർ ഒന്നിച്ച് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അവർ ആ കടും പ്രവർത്തിക്കുക തന്നെ ചെയ്തു തീർച്ചയായും നീ അവർക്ക് അവരുടെ ഈ ചെയ്തിയെപ്പറ്റി ഒരിക്കൽ വിവരിച്ചു കൊടുക്കുമെന്ന് അവന് നാം ബോധനം നൽകുകയും ചെയ്തു അന്ന് അവർ അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കുകയില്ല അവർ സന്ധ്യാസമയത്ത് അവരുടെ പിതാവിന്റെ അടുക്കൽ കരഞ്ഞുകൊണ്ടു ചെന്നു അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവെ ഞങ്ങൾ മത്സരിച്ച് ഓടിപ്പോകുകയും യൂസുഫിനെ ഞങ്ങളുടെ സാധനങ്ങളുടെ അടുത്ത് വിട്ടുപോകുകയും ചെയ്തു അപ്പോൾ അവനെ ചെന്നായ തിന്നുകളഞ്ഞു ഞങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ പോലും താങ്കൾ വിശ്വസിക്കുകയില്ലല്ലോ യൂസുഫിൻ്റെ കുപ്പായത്തിൽ കള്ളച്ചോരയുമായാണ് അവർ വന്നത് പിതാവ് പറഞ്ഞു അങ്ങനെയല്ല നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഒരു കാര്യം ഭംഗിയായി തോന്നിച്ചിരിക്കുകയാണ് അതിനാൽ നല്ല ക്ഷമ കൈക്കൊള്ളുക തന്നെ നിങ്ങളീ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് സഹായം തേടാനുള്ളത് അള്ളാഹുവോടത്രേ وجاءت سياره فارسلوا واردهم فادلى دلو فادلى دلوه وقال يا بشر هذا غلام واشروه بضاعه والله عليم بما يعملون ஒரு யாத்ரா சங்கம வந்து அவர் அவருக்கு வெள்ளம் கொண்டுவருன ஜோலிக்காரனே ஆயச்சு அவன் தன்னை தொட்டி இறக்கி அவன் പറഞ്ഞു ഹാ സന്തോഷം ഇദാ ഒരു ബാലൻ അവർ ബാലനെ ഒരു കച്ചവട ചരക്കായി ഒളിച്ചുവെച്ചു അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു അവർ അവനെ തുച്ഛമായ ഒരു വിലക്ക് അഥവാ ഏതാനും വെള്ളിക്കാശിന് വിൽക്കുകയും ചെയ്തു അവർ അവന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്തവരുടെ കൂട്ടത്തിലായിരുന്നു عسى أن ينفعنا أو نتخذه ولدا وكذلك مكنا ليوسف في الأرض ولنعلمه من تأويل الأحاديث والله غالب على أمره ൂജിപ്തിൽ നിന്ന് യൂസുഫിന് വിലക്കെടുത്ത ആൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇവന് മാന്യമായ താമസ സൗകര്യം നൽകുക അവൻ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം അല്ലെങ്കിൽ നമുക്കവനെ മകനായി സ്വീകരിക്കാം അപ്രകാരം യൂസുഫിന് നാം ആ ഭൂപ്രദേശത്ത് സൗകര്യമുണ്ടാക്കി കൊടുത്തു സ്വപ്നവാർത്തകളുടെ വ്യാഖ്യാനത്തിൽ നിന്ന് അദ്ദേഹത്തിന് നാം അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയും കൂടിയാണത് അള്ളാഹു തൻ്റെ കാര്യം ജയിച്ചടക്കുന്നവനത്ര പക്ഷേ മനുഷ്യരിൽ അധിക അത് മനസ്സിലാക്കുന്നില്ല അങ്ങനെ അദ്ദേഹം പൂർണ്ണ വളർച്ചയെത്തിയപ്പോൾ അദ്ദേഹത്തിന് നാം യുക്തിബോധവും അറിവും നൽകി സുഖൃതം ചെയ്യുന്നവർക്ക് അപ്രകാരം നാം പ്രതിഫലം നൽകുന്നു യൂസുഫ് ഏതൊരുവളുടെ വീട്ടിലാണോ അവൾ അവനെ വശീകരിക്കുവാൻ ശ്രമം നടത്തി വാതിലുകൾ അടച്ച് പൂട്ടിയിട്ട് അവൾ പറഞ്ഞു ഇങ്ങോട്ട് വാ അവൻ പറഞ്ഞു അള്ളാഹുവിൽ ശരണം നിശ്ചയമായും അവനാണ് എന്റെ രക്ഷിതാവ് അവൻ എന്റെ താമസം ക്ഷേമകരമാക്കിയിരിക്കുന്നു തീർച്ചയായും അക്രമം പ്രവർത്തിക്കുന്നവർ വിജയിക്കുകയില്ല അവൾക്ക് അവനിൽ ആഗ്രഹം ജനിച്ചു തൻ്റെ രക്ഷിതാവിൻ്റെ പ്രമാണം കണ്ടറിഞ്ഞില്ലായിരുന്നെങ്കിൽ അവന് അവളിലും ആഗ്രഹം ജനിച്ചേനെ അപ്രകാരം സംഭവിച്ചത് തിന്മയും നീചവൃത്തിയും അവനിൽ നിന്ന് നാം തിരിച്ചുവിടുന്നതിന് തീർച്ചയായും അവൻ നമ്മുടെ നിഷ്കളങ്കരായ ദാസന്മാരിൽപ്പെട്ടവനാകുന്നു അവർ രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി അവൾ പിന്നിൽ നിന്ന് അവന്റെ കുപ്പായം പിടിച്ചു അത് കീറി അവർ ഇരുവരും വാതിൽക്കൽ വച്ച് അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ കണ്ടുമുട്ടി അവൾ പറഞ്ഞു താങ്കളുടെ ഭാര്യയുടെ കാര്യത്തിൽ ദുരുദ്ദേശം വെച്ചു പുലർത്തിയവനുള്ള പ്രതിഫലം അവൻ തടവിലാക്കപ്പെടുക എന്നതോ വേദനയേറിയ മറ്റെന്തെങ്കിലും ശിക്ഷയോ തന്നെ ആയിരിക്കണം وَشَهِدَ مِنْ إِنْ كَانَ യൂസുഫ് പറഞ്ഞു അവളാണ് എന്നെ വശീകരിക്കുവാൻ ശ്രമം നടത്തിയത് അവളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സാക്ഷി ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തി അവന്റെ കുപ്പായം മുന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളതെങ്കിൽ അവൾ സത്യമാണ് പറഞ്ഞത് അവനാകട്ടെ കളവ് പറയുന്നവരുടെ കൂട്ടത്തിലാണ് എന്നാൽ അവന്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളതെങ്കിൽ അവൾ കളവാണ് പറഞ്ഞത് അവനാകട്ടെ സത്യം പറഞ്ഞവരുടെ കൂട്ടത്തിലാണ് അങ്ങനെ യൂസുഫിന്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയിട്ടുള്ളത് എന്ന് കണ്ടപ്പോൾ ആ ഗൃഹനാഥൻ തന്റെ ഭാര്യയോട് പറഞ്ഞു തീർച്ചയായും ഇത് നിങ്ങളുടെ അഥവാ സ്ത്രീകളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ് നിങ്ങളുടെ തന്ത്രം ഭയങ്കരം തന്നെ യൂസുഫ് ആര് യൂസുഫെ നീ ഇത് അവഗണിച്ചേക്കുക പെണ്ണെ നീ നിന്റെ പാപത്തിന് മാപ്പു തേടുക തീർച്ചയായും നീ പിഴച്ചവരുടെ കൂട്ടത്തിലാകുന്നു നഗരത്തിലെ ചില സ്ത്രീകൾ പറഞ്ഞു പ്രഭുവിന്റെ ഭാര്യ തന്റെ വേലക്കാരനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു അവൾ അവനോട് പ്രേമബദ്ധയായി കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും അവൾ വ്യക്തമായ പിഴവിൽ അകപ്പെട്ടതായി ഞങ്ങൾ കാണുന്നു അങ്ങനെ ആ സ്ത്രീകളുടെ കുസൃതിയെപ്പറ്റി അവൾ കേട്ടറിഞ്ഞപ്പോൾ അവരുടെ അടുത്തേക്ക് അവൾ ആളെ അയക്കുകയും അവർക്ക് ചാരിയിരിക്കാവുന്ന ഇരിപ്പിടങ്ങൾ ഒരുക്കുകയും ചെയ്തു അവരിൽ ഓരോരുത്തർക്കും പഴങ്ങൾ മുറിക്കാൻ അവൾ ഓരോ കത്തി കൊടുത്തു യൂസുഫിനോട് അവൾ പറഞ്ഞു നീ അവരുടെ മുമ്പിലേക്ക് പുറപ്പെടുക അങ്ങനെ അവനെ അവർ കണ്ടപ്പോൾ അവർക്ക് അവനെപ്പറ്റി വിസ്മയം തോന്നുകയും അവരുടെ സ്വന്തം കൈകൾ അവർ തന്നെ അറുത്തുപോകുകയും ചെയ്തു അവർ പറഞ്ഞു അള്ളാഹു എത്ര പരിശുദ്ധൻ ഇതൊരു മനുഷ്യനല്ല ആദരണീയനായ ഒരു മലക്ക് തന്നെയാണ് അവൾ പറഞ്ഞു എന്നാൽ ഏതൊരുവന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നെ ആക്ഷേപിച്ചുവോ അവനാണിത് തീർച്ചയായും ഞാൻ അവനെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ സ്വയം കളങ്കപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കുകയാണ് ചെയ്തത് ഞാൻ അവനോട് കൽപ്പിക്കുന്ന പ്രകാരം അവൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും അവൻ തടവിലാക്കപ്പെടുകയും നിന്യരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും എൻ്റെ രക്ഷിതാവെ ഇവർ എന്നെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനേക്കാളും എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് ജയിലാകുന്നു ഇവരുടെ കുതന്ത്രം എന്നെ വിട്ടു നീ തിരിച്ചു കളയാത്ത ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോയേക്കും അങ്ങനെ ഞാൻ അവിവേകികളുടെ കൂട്ടത്തിൽ ആയിപ്പോകുകയും ചെയ്യും അപ്പോൾ അവൻ്റെ പ്രാർത്ഥന തൻ്റെ രക്ഷിതാവ് സ്വീകരിക്കുകയും അവരുടെ കുതന്ത്രം അവനിൽ നിന്ന് അവൻ തട്ടിത്തിരിച്ചു കളയുകയും ചെയ്തു തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമത്രേ പിന്നീട് തെളിവുകൾ കണ്ടറിഞ്ഞതിനു ശേഷവും അവർക്ക് തോന്നി അവനെ ഒരു അവധി വരെ തടവിലാക്കുക തന്നെ വേണമെന്ന് അവനോടൊപ്പം രണ്ട് യുവാക്കളും ജയിലിൽ പ്രവേശിച്ചു അവരിൽ ഒരാൾ പറഞ്ഞു ഞാൻ വീഞ്ഞു പിഴിഞ്ഞെടുക്കുന്നതായി സ്വപ്നം കാണുന്നു മറ്റൊരാൾ പറഞ്ഞു ഞാൻ എന്റെ തലയിൽ റൊട്ടി ചുമക്കുകയും അതിൽ നിന്ന് പറവകൾ തിന്നുകയും ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു ഞങ്ങൾക്ക് താങ്കൾ അതിൻ്റെ വ്യാഖ്യാനം വിവരിച്ചു തരൂ തീർച്ചയായും ഞങ്ങൾ താങ്കളെ കാണുന്നത് സദ്വൃത്തരിൽ ഒരാളായിട്ടാണ് യൂസുഫ് പറഞ്ഞു നിങ്ങൾക്ക് കൊണ്ടുവന്നു നൽകപ്പെടാറുള്ള ഭക്ഷണം നിങ്ങൾക്ക് വന്നെത്തുന്നതിന്റെ മുമ്പായി അതിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാതിരിക്കുകയില്ല എന്റെ രക്ഷിതാവ് പഠിപ്പിച്ചു തന്നതിൽപ്പെട്ടതത്രേ അത് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരും പരലോകത്തെ നിഷേധിക്കുന്നവരുമായിട്ടുള്ളവരുടെ മാർഗം തീർച്ചയായും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون أندى پيدا کلايا إبراهيم إسحاق <تصفيق> یعقوب أندى ورود مارغم نعان پندودر نيري كنن الله ونودي يادون ديني يوم پنججر كوان نيانجل كبادو لدل نيانجل كم منشير كم الله نلگية انگره تل پتتت رأي ആ സന്മാർഗർശനം പക്ഷേ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല ജയിലിലെ രണ്ട് സുഹൃത്തുക്കളെ വ്യത്യസ്ത രക്ഷാധികാരികളാണോ ഉത്തമം അതല്ല ഏകനും സർവാധികാരിയുമായ അള്ളാഹുവാണോ അവനു പുറമെ നിങ്ങൾ ആരാധിക്കുന്നവ നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നാമകരണം ചെയ്തിട്ടുള്ള ചില നാമങ്ങളല്ലാതെ മറ്റൊന്നുമല്ല അവയെപ്പറ്റി അല്ലാഹു യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ല വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമാകുന്നു അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു വക്രതയില്ലാത്ത മതം അതത്രെ പക്ഷേ മനുഷ്യരിൽ അധിക പേരും മനസ്സിലാക്കുന്നില്ല ജയിലിലെ രണ്ട് സുഹൃത്തുക്കളെ എന്നാൽ നിങ്ങളിൽ ഒരുവൻ തൻ്റെ യജമാനന് വീഞ്ഞു കുടിപ്പിച്ചുകൊണ്ടിരിക്കും എന്നാൽ മറ്റേ ക്രൂശിക്കപ്പെടും എന്നിട്ട് അയാളുടെ തലയിൽ നിന്ന് പറവകൾ കൊത്തി തിന്നു ഏതൊരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ഇരുവരും വിധി ആരായുന്നുവോ ആ കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അവർ രണ്ടു പേരിൽ നിന്ന് രക്ഷപ്പെടുന്നവനാണ് എന്ന് വിചാരിച്ച ആളോട് യൂസുഫ് പറഞ്ഞു നിന്റെ യജമാനൻ്റെ അടുക്കൽ നീ എന്നെപ്പറ്റി പ്രസ്താവിക്കുക എന്നാൽ തൻ്റെ യജമാനോട് അത് പ്രസ്താവിക്കുന്ന കാര്യം പിശാജ് അവനെ മറപ്പിച്ചു കളഞ്ഞു അങ്ങനെ ഏതാനും കൊല്ലങ്ങൾ യൂസുഫ് ജയിലിൽ താമസിച്ചു وقال الملك اني ارى سبع بقرات سمان ياكلهن سبع عجاف وسبع سنبلات خضر واخر يابسات يا ايها الملأ افتوني في رؤياي ان كنتم للرؤيا تعبرون اوريكل راجاو بارنو تاديتش كولتا 7 باشوكله 7 ملي냐 باشوكل تينندااي نان سوبنم كاننو പച്ച പച്ചക്കതിരുകളും ഏഴ് ഉണങ്ങിയ കതിരുകളും ഞാൻ കാണുന്നു ഹേ പ്രധാനികളെ നിങ്ങൾ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകുന്നവരാണെങ്കിൽ എൻ്റെ ഈ സ്വപ്നത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളെനിക്ക് വിധി പറഞ്ഞു അവർ പറഞ്ഞു പലതരം ഞങ്ങൾ അത്തരം പേക്കിനാവുകളുടെ വ്യാഖ്യാനത്തെപ്പറ്റി അറിവുള്ളവരല്ല രണ്ടുപേരിൽ നിന്ന് അഥവാ യൂസുഫിൻ്റെ രണ്ട് ജയിൽ സുഹൃത്തുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ഒരു നീണ്ട കാലയളവിന് ശേഷം യൂസുഫിൻ്റെ കാര്യം ഓർമ്മിച്ചു കൊണ്ട് പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വിവരമറിയിച്ചു തരാം നിങ്ങൾ അതിന് എന്നെ നിയോഗിച്ചേക്കു യൂസുഫുറത്തി അവൻ യൂസുഫിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഹേ സത്യസന്ധനായ യൂസുഫ് തടിച്ചു കൊഴുത്ത ഏഴ് പശുക്കളെ ഏഴ് മെലിഞ്ഞ പശുക്കൾ തിന്നുന്ന കാര്യത്തിലും ഏഴ് പച്ചക്കതിരുകളുടെയും വേറെ ഏഴ് ഉണങ്ങിയ കതിരുകളുടെയും കാര്യത്തിലും താങ്കൾ ഞങ്ങൾക്ക് വിധി പറഞ്ഞു ജനങ്ങൾ അറിയുവാനായി ആ വിവരവും കൊണ്ട് എനിക്ക് അവരുടെ അടുത്തേക്ക് മടങ്ങാമല്ലോ യൂസുഫ് പറഞ്ഞു നിങ്ങൾ ഏഴുകൊല്ലം തുടർച്ചയായി കൃഷി ചെയ്യുന്നതാണ് എന്നിട്ട് നിങ്ങൾ കൊയ്തെടുത്തതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ അല്പം ഒഴിച്ച് ബാക്കി അതിൻ്റെ കതിരിൽ തന്നെ വിട്ടേക്കുക പിന്നീട് അതിനുശേഷം പ്രയാസകരമായ ഏഴ് വർഷം വരും ആ വർഷങ്ങൾ അന്നേക്കായി നിങ്ങൾ മുൻകൂട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതിനെയെല്ലാം തിന്നു തീർക്കുന്നതാണ് നിങ്ങൾ കാത്തുവെക്കുന്നതിൽ നിന്ന് അല്പമൊഴികെ പിന്നീട് അതിനുശേഷം ഒരു വർഷം വരും അന്ന് ജനങ്ങൾക്ക് സമൃദ്ധി നൽകപ്പെടുകയും അന്ന് അവർ വീഞ്ഞും മറ്റും പിഴിഞ്ഞെടുക്കുകയും ചെയ്യും രാജാവ് പറഞ്ഞു നിങ്ങൾ യൂസുഫിനെ എന്റെ അടുത്ത് കൊണ്ടുവരൂ അങ്ങനെ തന്റെ അടുത്ത് ദൂതൻ വന്നപ്പോൾ യൂസുഫ് പറഞ്ഞു നീ നിന്റെ യജമാനന്റെ അടുത്തേക്ക് തിരിച്ചു പോയിട്ട് സ്വന്തം കൈകൾ മുറിപ്പെടുത്തിയ ആ സ്ത്രീകളുടെ നിലപാടെന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക തീർച്ചയായും എന്റെ രക്ഷിതാവ് അവരുടെ തന്ത്രത്തെപ്പറ്റി നന്നായി അറിയുന്നവനാകുന്നു ആ സ്ത്രീകളെ വിളിച്ചു വരുത്തിയിട്ട് രാജാവ് ചോദിച്ചു യൂസുഫിനെ വശീകരിക്കുവാൻ നിങ്ങൾ ശ്രമം നടത്തിയപ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു അവർ പറഞ്ഞു അള്ളാഹു എത്ര പരിശുദ്ധൻ ഞങ്ങൾ യൂസുഫിനെപ്പറ്റി ദോഷകരമായ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല പ്രഭുവിന്റെ ഭാര്യ പറഞ്ഞു ഇപ്പോൾ സത്യം വെളിപ്പെട്ടിരിക്കുന്നു ഞാൻ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിക്കുകയാണുണ്ടായത് തീർച്ചയായും അദ്ദേഹം സത്യവാൻമാരുടെ കൂട്ടത്തിൽ തന്നെയാകുന്നു ഞാൻ അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ലെന്ന് അദ്ദേഹം അറിയുന്നതിനു വേണ്ടിയാകുന്നു വഞ്ചകന്മാരുടെ തന്ത്രത്തെ അള്ളാഹു ലക്ഷ്യത്തിലെത്തിക്കുകയില്ല എന്നതിനാലുമാകുന്നു ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല തീർച്ചയായും മനസ്സ് ദുഷ്പ്രവർത്തിക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെയാകുന്നു എൻ്റെ രക്ഷിതാവിൻ്റെ കരുണ ലഭിച്ച മനസ്സൊഴികെ തീർച്ചയായും എൻ്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു രാജാവ് പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തെ എന്റെ അടുത്ത് കൊണ്ടുവരൂ ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഒരു പ്രത്യേകക്കാരനായി സ്വീകരിക്കുന്നതാണ് അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ രാജാവ് പറഞ്ഞു തീർച്ചയായും താങ്കൾ ഇന്ന് നമ്മുടെ അടുക്കൽ സ്ഥാനമുള്ളവനും വിശ്വസ്തനുമാകുന്നു യൂസുഫ് പറഞ്ഞു താങ്കൾ എന്നെ ഭൂമിയിലെ ഖജനാവുകളുടെ അധികാരമേൽപ്പിക്കും തീർച്ചയായും ഞാൻ വിവരമുള്ള ഒരു സൂക്ഷിപ്പുകാരനായിരിക്കും وَكَذَٰلِكَ مَكَّنَّنَّا لِيُوسُفَ فِي الْأَرْضِ يَتَبَوَّأُ مِنْهَا حَيْثُ يَشَاءُ نُصِيبُ بِرَحْمَتِنَا مَنَّ شَاءُ وَلَا نُضِيْعُ أَجْرَ الْمُحْسِنِينَ اپرگارم يوسفِنِ آآ بھوو پردےشت اددهام اُددَّيشِ کُنْ يَرَتْتُ تَامَسَمُ رَبِّكَا وُنَّ وِدَمْ نَامْ سْوَ നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം അനുഭവിപ്പിക്കുന്നു സദ്വൃത്തർക്കുള്ള പ്രതിഫലം നാം നഷ്ടപ്പെടുത്തി കളയുകയില്ല വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുന്നവരായിരിക്കുകയും ചെയ്തവർക്ക് പരലോകത്തെ പ്രതിഫലമാകുന്നു കൂടുതൽ ഉത്തമം وجاء اخوه يوسف فدخلوا عليه فعرفهم وهم له منكرون يوسفന്റെ സഹോദരന്മാർ വന്നു അദ്ദേഹത്തിന്റെ അടുത്ത് പ്രവേശിച്ചു അപ്പോൾ അദ്ദേഹം അവരെ തിരിച്ചറിഞ്ഞു അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിരുന്നില്ല ولما جهزهم بجهازهم قال اتوني باخ لكم من ابيكم അങ്ങനെ അവർക്ക് വേണ്ട സാധനങ്ങൾ അവർക്ക് ഒരുക്കിക്കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ബാപ്പയൊത്ത ഒരു സഹോദരൻ നിങ്ങൾക്കുണ്ടല്ലോ അവന് നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവരണം ഞാൻ അളവ് തികച്ചു തരുന്നുവെന്നും ഏറ്റവും നല്ല ആതിഥ്യമാണ് ഞാൻ നൽകുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നാൽ അവനെ നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവരുന്നില്ലെങ്കിൽ നിങ്ങൾക്കിനി എന്റെ അടുക്കൽ നിന്ന് അളന്നു തരുന്നതല്ല നിങ്ങൾ എന്നെ സമീപിക്കേണ്ടതുല്ല അവർ പറഞ്ഞു ഞങ്ങൾ അവന്റെ കാര്യത്തിൽ അവൻ്റെ പിതാവിനോട് ഒരു ശ്രമം നടത്തി നോക്കാം തീർച്ചയായും ഞങ്ങളത് ചെയ്യും യൂസുഫ് തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു അവർ കൊണ്ടുവന്ന ചരക്കുകൾ അവരുടെ ഭാണ്ഡങ്ങളിൽ തന്നെ നിങ്ങൾ വച്ചേക്കുക അവർ അവരുടെ കുടുംബത്തിൽ തിരിച്ചെത്തുമ്പോൾ അവരത് മനസ്സിലാക്കിക്കൊള്ളും അവർ ഒരു വേള മടങ്ങി വന്നേക്കാം അങ്ങനെ അവർ തങ്ങളുടെ പിതാവിന്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവെ ഞങ്ങൾക്ക് അളന്നു തരുന്നത് മുടക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സഹോദരനെയും കൂടി താങ്കൾ അയച്ചു തരണം എങ്കിൽ ഞങ്ങൾക്ക് അളന്നുകിട്ടുന്നതാണ് തീർച്ചയായും ഞങ്ങൾ അവനെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും പിതാവ് പറഞ്ഞു അവൻ്റെ സഹോദരൻ്റെ കാര്യത്തിൽ മുമ്പ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുപോലെയല്ലാതെ അവൻ്റെ കാര്യത്തിൽ നിങ്ങളെ എനിക്ക് വിശ്വസിക്കാനാകുമോ എന്നാൽ അള്ളാഹുവാണ് നല്ലവണ്ണം കാത്തു സൂക്ഷിക്കുന്നവൻ അവൻ കരുണയുള്ളവരിൽ ഏറ്റവും കാരുണികനാകുന്നു അവർ അവരുടെ സാധനങ്ങൾ തുറന്നു നോക്കിയപ്പോൾ തങ്ങളുടെ ചരക്കുകൾ തങ്ങൾക്ക് തിരിച്ചു നൽകപ്പെട്ടതായി കണ്ടെത്തി അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവെ നമുക്കിനി എന്തു വേണം നമ്മുടെ ചരക്കുകൾ ഇതാ നമുക്ക് തന്നെ തിരിച്ചു നൽകപ്പെട്ടിരിക്കുന്നു മേലിലും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ആഹാരം കൊണ്ടുവരാം ഞങ്ങളുടെ സഹോദരനെ ഞങ്ങൾ കാത്തു കൊള്ളുകയും ചെയ്യാം ഒരു ഒട്ടകത്തിന് വഹിക്കാവുന്ന അളവ് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും കുറഞ്ഞ ഒരു അളവാകുന്നു അത് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും നിങ്ങൾ അവനെ എന്റെ അടുക്കൽ കൊണ്ടു വന്നു തരുമെന്ന് അള്ളാഹുവിന്റെ പേരിൽ എനിക്ക് ഉറപ്പു നൽകുന്നതുവരെ ഞാനവനെ നിങ്ങളുടെ കൂടെ അയക്കുകയില്ല തന്നെ നിങ്ങൾ ആപത്തുകളാൽ വലയം ചെയ്യപ്പെടുന്നുവെങ്കിൽ ഒഴിക അങ്ങനെ അവരുടെ ഉറപ്പ് അദ്ദേഹത്തിന് അവർ നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അള്ളാഹു നാം പറയുന്നതിന് മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ മക്കളെ നിങ്ങൾ ഒരേ വാതിലിലൂടെ പ്രവേശിക്കാതെ വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കുക അള്ളാഹുവിങ്കൽ നിന്നുണ്ടാകുന്ന യാതൊന്നും നിങ്ങളിൽ നിന്ന് തടുക്കുവാൻ എനിക്കാവില്ല വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രമാകുന്നു അവന്റെ മേൽ ഞാൻപിക്കുന്നു അവന്റെ മേൽ തന്നെയാണ് ഫരമേൽപ്പിക്കുന്നവർ ഫരമേൽപ്പിക്കേണ്ടത് അവരുടെ പിതാവ് അവരോട് കൽപ്പിച്ച വിധത്തിൽ അവർ പ്രവേശിച്ചപ്പോൾ അള്ളാഹുവിങ്കൽ നിന്നുണ്ടാകുന്ന യാതൊന്നും അവരിൽ നിന്ന് തടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല യാക്കൂബിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആവശ്യം അദ്ദേഹം നിറവേറ്റി എന്നു മാത്രം നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതിനാൽ തീർച്ചയായും അദ്ദേഹം അറിവുള്ളവൻ തന്നെയാണ് പക്ഷേ മനുഷ്യരിൽ അധിക പേരും അറിയുന്നില്ല അവർ യൂസുഫിൻ്റെ അടുത്ത് കടന്നു ചെന്നപ്പോൾ അദ്ദേഹം തൻ്റെ സഹോദരനെ തന്നിലേക്ക് അടുപ്പിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഞാൻ തന്നെയാണ് നിന്റെ സഹോദരൻ ആകയാൽ ആ മൂത്ത സഹോദരന്മാർ ചെയ്തു നീ ദുഃഖിക്കേണ്ടതില്ല അങ്ങനെ അവർക്കുള്ള സാധനങ്ങൾ അവർക്കൊരുക്കിക്കൊടുത്തപ്പോൾ യൂസുഫ് പാനപാത്രം തൻ്റെ സഹോദരന്റെ ഭാണ്ഡത്തിൽ വെച്ചു പിന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു ഹേ യാത്രാ സംഘമേ തീർച്ചയായും നിങ്ങൾ മോഷ്ടാക്കൾ തന്നെയാണ് അവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് യാത്രാസംഘം പറഞ്ഞു എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിന്റെ അളവുപാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു അത് കൊണ്ടുവന്നു തരുന്നവന് ഒരു ഒട്ടകത്തിന് വഹിക്കാവുന്ന ധാന്യം നൽകുന്നതാണ് ഞാനത് ഏറ്റിരിക്കുന്നു അള്ളാഹുവിനെ തന്നെയാണ് ഞങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നതല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ മോഷ്ടാക്കളായിരുന്നിട്ടുമില്ല അവർ ചോദിച്ചു എന്നാൽ നിങ്ങൾ കള്ളം പറയുന്നവരാണെങ്കിൽ അതിന് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് അവർ പറഞ്ഞോ അതിനുള്ള ശിക്ഷ ഇപ്രകാരം അത്ര ഏതൊരുവന്റെ യാത്രാഭാണ്ടത്തിലാണോ അത് കാണപ്പെടുന്നത് അവനെ പിടിച്ചു അതിനുള്ള ശിക്ഷ അപ്രകാരമാണ് ഞങ്ങൾ അക്രമികൾക്ക് പ്രതിഫലം നൽകുന്നത് എന്നിട്ട് യൂസുഫ് തൻ്റെ സഹോദരൻ്റെ ഭാണ്ഡത്തെക്കാൾ മുമ്പായി അവരുടെ ഭാണ്ഡങ്ങൾ പരിശോധിക്കുവാൻ തുടങ്ങി പിന്നീട് തൻ്റെ സഹോദരൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് അദ്ദേഹം അത് പുറത്തെടുത്തു അപ്രകാരം യൂസുഫിനു വേണ്ടി നാം തന്ത്രം പ്രയോഗിച്ചു അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിലല്ലാതെ രാജാവിൻ്റെ നിയമമനുസരിച്ച് അദ്ദേഹത്തിന് തൻ്റെ സഹോദരനെ പിടിച്ചു പറ്റുമായിരുന്നില്ല ിക്കുന്നവരെ നാം പല പദവികൾ ഉയർത്തുന്നു അറിവുള്ളവരുടെ എല്ലാം മീതെ എല്ലാം അറിയുന്നവരുണ്ട് ആ സഹോദരന്മാർ പറഞ്ഞു അവൻ മോഷ്ടിക്കുന്നുവെങ്കിൽ അതിൽ അത്ഭുതമില്ല മുമ്പ് അവൻ്റെ സഹോദരനും മോഷ്ടിക്കുകയുണ്ടായിട്ടുണ്ട് എന്നാൽ യൂസുഫ് അത് തൻ്റെ മനസ്സിൽ ഗോപ്യമാക്കി വച്ചു അവരോട് അദ്ദേഹം പ്രതികരണം പ്രകടിപ്പിച്ചില്ല അദ്ദേഹം മനസ്സിൽ പറഞ്ഞു നിങ്ങളാണ് മോശമായ നിലപാടുകാർ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനെപ്പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാണ് അവർ പറഞ്ഞു പ്രഭോ ഇവന് വലിയ വൃദ്ധനായ പിതാവുണ്ട് അതിനാൽ ഇവൻ്റെ സ്ഥാനത്ത് ഞങ്ങളിൽ ഒരാളെ പിടിച്ചുവെക്കുക തീർച്ചയായും താങ്കളെ ഞങ്ങൾ കാണുന്നത് സദ്വൃത്തരിൽപ്പെട്ട ഒരാളായിട്ടാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൽ ശരണം നമ്മുടെ സാധനം ആരുടെ കയ്യിൽ കണ്ടെത്തിയോ അവനയല്ലാതെ നാം പിടിച്ചു വെക്കുകയോ എങ്കിൽ തീർച്ചയായും നാം അക്രമകാരികൾ തന്നെയായിരിക്കും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 അവർ തനിച്ച് മാറിയിരുന്ന് കൂടിയാലോചന നടത്തി അവരിൽ വലിയ ആൾ പറഞ്ഞു നിങ്ങളുടെ പിതാവ് അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങളോട് ഉറപ്പു വാങ്ങിയിട്ടുണ്ടെന്നും യൂസുഫിൻ്റെ കാര്യത്തിൽ മുമ്പ് നിങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നും നിങ്ങൾക്കറിഞ്ഞുകൂടെ അതിനാൽ എൻ്റെ പിതാവ് എനിക്ക് അനുവാദം തരികയോ അല്ലാഹു എനിക്ക് വിധി തരികയോ ചെയ്യുന്നതുവരെ ഞാൻ ഈ ഭൂപ്രദേശം വിട്ടുപോരുകയേ ഇല്ല വിധികർത്താക്കളിൽ ഏറ്റവും ഉത്തമനത്രേ അവൻ നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങിച്ചെന്നിട്ട് പറയും ഞങ്ങളുടെ പിതാവെ താങ്കളുടെ മകൻ മോഷണം നടത്തിയിരിക്കുന്നു ഞങ്ങൾ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അദൃശ്യകാര്യം ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ലല്ലോ ഞങ്ങൾ പോയിരുന്ന രാജ്യക്കാരോടും ഞങ്ങൾ ഇങ്ങോട്ട് ഒന്നിച്ച് യാത്ര ചെയ്ത യാത്രാസംഘത്തോടും താങ്കൾ ചോദിച്ചു നോക്കുക തീർച്ചയായും ഞങ്ങൾ സത്യം പറയുന്നവരാകുന്നു قالبا سولت لكم انفسكم امرا فصبر جميل عسى الله ان ياتيني بهم جميعا انه هو العليم الحكيم بيدவ പറഞ്ഞു ಅಲ್ಲ നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് എന്തോ കാര്യം ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു അതിനാൽ നന്നായി ക്ഷമിക്കുക തന്നെ അവരെല്ലാവരെയും അള്ളാഹു എന്റെ അടുത്ത് കൊണ്ടുവന്നു തന്നേക്കാവുന്നതാണ് തീർച്ചയായും അവൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു അവരിൽ നിന്ന് തിരിഞ്ഞുകളഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു യൂസുഫിൻ്റെ കാര്യം എത്ര സങ്കടകരാണ് ദുഃഖം നിമിത്തം അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളും വെളുത്തുപോയി അങ്ങനെ അദ്ദേഹം ദുഃഖം ഉള്ളിലൊതുക്കി കഴിയുകയാണ് അവർ പറഞ്ഞു അള്ളാഹുവിനെ തന്നെയാണ് താങ്കൾ തീർത്തും അവശനാകുകയോ അല്ലെങ്കിൽ മരണമടയുകയോ ചെയ്യുന്നതുവരെ ൾ യൂസുഫിനെ ഓർത്തുകൊണ്ടേയിരിക്കും അദ്ദേഹം പറഞ്ഞു എന്റെ വേവലാതിയും വ്യസനവും ഞാൻ അള്ളാഹുവോട് മാത്രമാണ് ബോധിപ്പിക്കുന്നത് അള്ളാഹുവിങ്കിൽ നിന്നും നിങ്ങൾ അറിയാത്ത ചിലത് ഞാൻ അറിയുന്നുമുണ്ട് എന്റെ മക്കളെ നിങ്ങൾ പോയി യൂസുഫിനെയും അവന്റെ സഹോദരനെയും സംബന്ധിച്ച് അന്വേഷിച്ചു നോക്കുക അള്ളാഹുവിങ്കൽ നിന്നുള്ള ആശ്വാസത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത് അവിശ്വാസികളായ ജനങ്ങളല്ലാതെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആശ്വാസത്തെപ്പറ്റി നിരാശപ്പെടുകയില്ല തീർച്ചയായും അങ്ങനെ യൂസുഫിന്റെ അടുക്കൽ കടന്നു അവർ പറഞ്ഞു പ്രഭോ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ദുരിതം ബാധിച്ചിരിക്കുന്നു മോശമായ ചരക്കുകളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ അതിനാൽ താങ്കൾ ഞങ്ങൾക്ക് അളവ് തികച്ചു തരികയും ഞങ്ങളോട് ഔദാര്യം കാണിക്കുകയും ചെയ്യണം തീർച്ചയായും അള്ളാഹു ഉദാരമതികൾക്ക് പ്രതിഫലം നൽകുന്നതാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അറിവില്ലാത്തവരായിരുന്നപ്പോൾ യൂസുഫിൻറെയും അവന്റെ സഹോദരൻറെയും കാര്യത്തിൽ നിങ്ങൾ ചെയ്തതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അവർ ചോദിച്ചു നീ തന്നെയാണോ യൂസുഫ് അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെയാണ് യൂസുഫ് ഇതെന്റെ സഹോദരനോ അള്ളാഹു ഞങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു തീർച്ചയായും ആർ സൂക്ഷ്മത പാലിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നുവോ ആ സദ്വൃത്തർക്കുള്ള പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുകയില്ല തീർച്ചയായും അവർ പറഞ്ഞു അള്ളാഹുവെ തന്നെയാണ് തീർച്ചയായും അല്ലാഹു നിനക്ക് ഞങ്ങളെക്കാൾ മുൻഗണന നൽകിയിരിക്കുന്നു തീർച്ചയായും ഞങ്ങൾ തെറ്റുകാരായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇന്ന് നിങ്ങളുടെ മേൽ ഒരു ആക്ഷേപവുമില്ല അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ അവൻ കരുണയുള്ളവരിൽ വച്ച് ഏറ്റവും കാരുണികനാകുന്നു നിങ്ങൾ എന്റെ ഈ കുപ്പായം കൊണ്ടുപോയിട്ട് എന്റെ പിതാവിന്റെ മുഖത്ത് ഇട്ടുകൊടുക്കുക എങ്കിൽ അദ്ദേഹം കാഴ്ചയുള്ളവനായിത്തീരും നിങ്ങളുടെ മുഴുവൻ കുടുംബാംഗങ്ങളെയും കൊണ്ട് നിങ്ങൾ എന്റെ അടുത്തു വരികയും ചെയ്യുക യാത്രാ സംഘം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവരുടെ പിതാവ് അടുത്തുള്ളവരോട് പറഞ്ഞു തീർച്ചയായും എനിക്ക് യൂസുഫിൻ്റെ വാസന അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളെന്നെ ബുദ്ധിഭ്രമം പറ്റിയവനായി കരുതുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് വിശ്വസിക്കാവുന്നതാണ് അവർ പറഞ്ഞു അള്ളാഹുവെ തന്നെയാണ് തീർച്ചയായും താങ്കൾ താങ്കളുടെ പഴയ വഴികേടിൽ തന്നെയാണ് ും അനന്തരം സന്തോഷവാർത്ത അറിയിക്കുന്ന ആൾ വന്നപ്പോൾ അയാൾ ആ കുപ്പായം അദ്ദേഹത്തിന്റെ മുഖത്ത് വെച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം കാഴ്ചയുള്ളവനായി മാറി അദ്ദേഹം പറഞ്ഞു റിഞ്ഞുകൂടാത്ത ചിലത് അല്ലാഹുവിങ്കൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവെ ഞങ്ങൾക്കു വേണ്ടി ഞങ്ങളുടെ പാപങ്ങൾ പൊറത്തുകിട്ടാൻ താങ്കൾ പ്രാർത്ഥിക്കണേ തീർച്ചയായും ഞങ്ങൾ തെറ്റുകാരായിരിക്കുന്നു قال سوف استغفر لكم ربي انه هو الغفور الرحيم ادهم പറഞ്ഞു നിങ്ങൾക്കു വേണ്ടി എൻറെ രക്ഷീദാവിനോട് ഞാൻ പാപമോചനം തേടാം തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു فلما دخلوا على يوسف آوى إليه أبويه وقال دخلو مصر إن شاء الله آمنين അനന്തരം അവർ യൂസഫിൻ്റെ മുമ്പാകെ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ മാതാപിതാക്കളെ തന്നിലേക്ക് അണച്ചുകൂട്ടി അദ്ദേഹം പറഞ്ഞു അള്ളാഹു ഉദ്ദേശിക്കുന്ന നിങ്ങൾ നിർഭയരായിക്കൊണ്ട് ഈജിപ്തിൽ പ്രവേശിച്ചു ورفع ابويه على العرش وخروا له سجدا وقال يا ابتي هذا تاويل رؤيا يمن طبل قد جعلها ربي حقا وقد احسن بي اذ اخرجني من السجن وجاء بكم من البدو من بعد ان نزغ الشيطان അദ്ദേഹം തന്റെ മാതാപിതാക്കളെ രാജപീഠത്തിന്മേൽ കയറ്റിയിരുത്തി അവർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രണാമം ചെയ്യുന്നവരായിക്കൊണ്ട് വീണു അദ്ദേഹം പറഞ്ഞു എന്റെ പിതാവെ മുമ്പ് ഞാൻ കണ്ട സ്വപ്നം പുലർന്നതാണിത് എൻ്റെ രക്ഷിതാവ് അതൊരു യാഥാർത്ഥ്യമാക്കി തീർത്തിരിക്കുന്നു എന്നെ അവൻ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന സന്ദർഭത്തിലും എൻ്റെയും എൻ്റെ ഇടയിൽ പിശാജ് കുഴപ്പം ഇളക്കി വിട്ടതിന് ശേഷം മരുഭൂമിയിൽ നിന്ന് അവൻ നിങ്ങളെ എല്ലാവരെയും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന സന്ദർഭത്തിലും അവൻ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു തീർച്ചയായും എൻ്റെ രക്ഷിതാവ് ിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി നിയന്ത്രിക്കുന്നവനത്രേ തീർച്ചയായും അവൻ എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു യൂസുഫ് പ്രാർത്ഥിച്ചു എൻ്റെ രക്ഷിതാവെ നീ എനിക്ക് ഭരണാധികാരത്തിൽ നിന്ന് ഒരംശം നൽകുകയും സ്വപ്നവാർത്തകളുടെ വ്യാഖ്യാനത്തിൽ നിന്നും ചിലത് നീ എനിക്ക് പഠിപ്പിച്ചു ചെയ്തിരിക്കുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും സ്രഷ്ടാവെ നീ ഇഹത്തിലും പരത്തിലും എൻ്റെ രക്ഷാധികാരിയാകും നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ നബിയെ നിനക്ക് നാം സന്ദേശമായി നൽകുന്ന അദൃശ്യവാർത്തകളിൽപ്പെട്ടതത്രേ അത് യൂസുഫിനെതിരിൽ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് അവർ തങ്ങളുടെ പദ്ധതി കൂടി തീരുമാനിച്ചപ്പോൾ നീ അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്നാൽ നീ അതിയായി ആഗ്രഹിച്ചാലും മനുഷ്യരിൽ അധിക പേരും വിശ്വസിക്കുന്നവരല്ല നീ ഇതിന്റെ പേരിൽ അവരോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നുമില്ല ഇത് ലോകർക്കു വേണ്ടിയുള്ള ഒരു ഉത്ബോധനം മാത്രമാകുന്നു ും ഭൂമിയിലും എത്ര എത്ര ദൃഷ്ടാന്തങ്ങൾ അവയെ അവഗണിച്ചുകൊണ്ട് അവർ അവയുടെ അടുത്തുകൂടി കടന്നു പോകുന്നു അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവനോട് മറ്റുള്ളവരെ പങ്കുചേർക്കുന്നവരായിക്കൊണ്ട് മാത്രമാണ് അവരെ വലയം ചെയ്യുന്ന തരത്തിലുള്ള അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തുന്നതിനെപ്പറ്റി അല്ലെങ്കിൽ അവർ ഓർക്കാതിരിക്കെ പെട്ടെന്ന് അന്ത്യദിനം വന്നെത്തുന്നതിനെപ്പറ്റി അവർ ായിരിക്കുകയാണ്ബിയെ പറയുക ഇതാണ് എന്റെ മാർഗം ദൃഢബോധ്യത്തോടു കൂടി അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ഞാനും എന്നെ പിൻപറ്റിയവരെ അല്ലാഹു എത്ര അവനോട് പങ്കുചേർക്കുന്ന കൂട്ടത്തിലല്ല തന്നെ വിവിധ രാജ്യക്കാരിൽ നിന്ന് നാം സന്ദേശം നൽകിക്കൊണ്ടിരുന്ന ചില പുരുഷന്മാരെ തന്നെയാണ് നിനക്ക് മുമ്പും നാം ദൂതന്മാരായി നിയോഗിച്ചിട്ടുള്ളത് ആ അവിശ്വാസികൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് തങ്ങളുടെ മുൻഗാമികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കിയിട്ടില്ലേ എന്നാൽ പരലോകമാണ് സൂക്ഷ്മത പാലിച്ചവർക്ക് കൂടുതൽ ഉത്തമമായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ അങ്ങനെ ദൈവദൂതന്മാർ നിരാശപ്പെടുകയും അവർ തങ്ങളോട് പറഞ്ഞത് കളവാണെന്ന് ജനങ്ങൾ വിചാരിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ സഹായം ആ ദൂതന്മാർക്ക് വന്നെത്തി അങ്ങനെ നാം ഉദ്ദേശിച്ചിരുന്നവർക്ക് രക്ഷ നൽകപ്പെട്ടു കുറ്റവാളികളായ ജനങ്ങളിൽ നിന്നും നമ്മുടെ ശിക്ഷ തടുക്കപ്പെടുന്നതല്ല തീർച്ചയായും അവരുടെ ചരിത്രത്തിൽ ബുദ്ധിമാന്മാർക്ക് പാഠമുണ്ട് അത് കെട്ടിയുണ്ടാക്കാവുന്ന ഒരു വർത്തമാനമല്ല പ്രത്യുത അതിൻ്റെ മുമ്പുള്ള വേദങ്ങളെ ശരിവെക്കുന്നതും എല്ലാ കാര്യത്തെയും സംബന്ധിച്ചുള്ള ഒരു വിശദീകരണവും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമാകുന്നു